തിക്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാന്തസ്വാം ധ്യൻ പശ്യതി യോഗി ദീധിതി അരുണാചലത്വീയം നിലകണ്ട ശ്ലോകം മനസ് പുറം വിഷയങ്ങളിൽ നിന്നും പിൻവലിയുമ്പോ തന്നെ പ്രസന്നത ഉണ്ടാവും പുറം വിഷയങ്ങളിൽ നിന്നും എങ്ങനെ പിൻവലിയാൻ സാധിക്കും പുറം വിഷയങ്ങൾ എന്ന് വെച്ചാൽ പുറത്ത് വിഷയങ്ങളുണ്ടോ നമ്മളുടെ തന്നെ പ്രാരബത്തിന്റെ വിജൃംഭണമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലോകം വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നമ്മളുടെ മുഖം കണ്ണാടിയിൽ കാണുന്ന പോലെയാണ് പ്രപഞ്ചത്തിൽ ഓരോ വിഷയങ്ങളും നമ്മളുടെ മുമ്പിൽ സമീപിക്കുന്നത് ഒക്കെ തന്നെ വാസനാ പ്രതിബിംബമാണ് അപ്പോ വിഷയങ്ങളുടെ ഒക്കെ തന്നെ മൂലരൂപം ഒന്നകത്തുണ്ട് അപ്പോഴാണ് പുറത്ത് കാണപ്പെടുന്നത് സുഖത്തിനുള്ള വിഷയങ്ങളും ദുഃഖത്തിനുള്ള വിഷയങ്ങളും രണ്ടും മനുഷ്യന്റെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും സുഖിപ്പിക്കുന്ന വിഷയങ്ങൾ തന്നെ പിന്നീട് ദുഃഖിപ്പിക്കും ആരും ചോദിക്കാതെ തന്നെ ഇത്തരം വിഷയങ്ങൾ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും സുഖത്തിനോട് മനുഷ്യന് രാഗം ഉണ്ട് അതായത് ഇഷ്ടമുണ്ട് ുഃഖത്തിനോട് ദ്വേഷമുണ്ട് ദുഃഖം വരാൻ പാടില്ല വരരുത് ഈ രാഗവും ദ്വേഷവും എടുത്തു കളയലാണ് വിഷയത്യാഗം എന്ന് പറയുന്നത് അല്ലാതെ കണ്ണടച്ചാലും വിഷയം ഉള്ളിലുണ്ട് ചെവി അടച്ചാലും വിഷയം ഉള്ളിലുണ്ട് ജർമ്മനിയിൽ നിന്നും വന്ന ഒരു വെള്ളക്കാരൻ രമണ ഭഗവാന്റെ ഉപദേശമൊക്കെ കിട്ടി മലയുടെ മുകളിൽ അരുണാചലത്തിൽ ഒരു ഗുഹയിൽ കുറെ കാലം ഗ്രാനപരിശീലനമൊക്കെ ആയിട്ട് താമസിച്ചിരുന്നു ആ ഗുഹയ്ക്ക് വാതിലുണ്ട് വാതിലകത്തു നിന്നും പൂട്ടി ുള്ളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം അയാൾക്ക് എന്തോ വളരെ അർജന്റായിട്ടൊരു ടെലഗ്രാം വന്നു ഈ കമ്പിയും കൊണ്ട് ഒരാൾ പോയി അവിടെ കുറെ നേരം വാതിൽ മുട്ടിയിട്ടും ഇയാൾ വാതിൽ തുറക്കുന്നില്ല എത്ര ശബ്ദം ഉണ്ടാക്കിയിട്ടും വാതിൽ തുറക്കുന്നില്ലേ ആളുകൂടി എന്ത് പറ്റി ഉള്ളില് പോയ ആൾക്ക് ഇത്ര ബഹളം കൂട്ടിയാലും വാതിൽ തുറക്കുന്നില്ല എന്ത് ധ്യാനം അത് ഉറങ്ങാണെങ്കിലും എഴുന്നേക്കേണ്ടതാണ് എത്ര ബഹളം ഉണ്ടാക്കി കഴിഞ്ഞു അവര് പുറത്തുനിന്ന് അപ്പോ ആ സമയം രമണ ഭഗവാൻ നടന്നു വരുന്ന സമയമാണ് നടക്കാൻ വരുന്ന സമയമാണ് മഹർഷി പറഞ്ഞു പേടിക്കേണ്ട അയാളിപ്പോ വാതിൽ തുറക്കും ഞാൻ ഈ സമയത്ത് ഈ വഴിക്ക് വരും എന്നവനെ അറിയാം അവൻ വാതിൽ തുറക്കും അപ്പൊ എന്താ ഇത്ര നേരം മുട്ടിയിട്ട് തുറക്ക അതെന്ന് നിങ്ങൾ തുറക്കുമ്പോൾ നോക്കിക്കൊള്ളാന്നു കുറച്ചുനേരം കഴിഞ്ഞ് മഹർഷി വന്ന സമയമാവുമ്പഴേക്കും ഇയാൾ വാതില് തുറന്നു വന്നു നോക്കുമ്പോ രണ്ട് ചെവിയിലും ഓരോ പ്ലഗ് അത് ആ കാട്ടിൽ തന്നെ കിട്ടുന്ന ഒരു കായ ഒരു ചെടി അതിന്റെ പാല് അത് മഹർഷി തന്നെ പറഞ്ഞു കൊടുത്തതാ അത്രയാൾക്ക് ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ആ പാല് നല്ലവണ്ണം ചതച്ച് ഒരു ഭാഗം ചെവിയിലേക്ക് കൊള്ളുന്ന പോലെ ആക്കി തീർത്ത് പാകത്തിലാക്കി തീർത്ത് വെച്ചാൽ വളരെ സൗണ്ട് പ്രൂഫ് ആണെന്നാണ് ഒരു ശബ്ദവും കേൾക്കില്ല യാത്ര പുറത്തുനിന്ന് അതുകൊണ്ടൊരു ചെവി അടപ്പുണ്ടാക്കിയിട്ട് രണ്ട് ചെവിയിൽ അടച്ചു വെച്ചിരിക്കാണ് ശബ്ദം കേൾക്കാതിരിക്കാനുള്ള ഒരു ടെക്നിക്ക് ഭാഷ്യ ശബ്ദം കേൾക്കാതിരിക്കാം ഉള്ളില് ശബ്ദം ഉണ്ടല്ലോ കണ്ണടച്ച പിടിക്കാം ഉള്ളിൽ കാണുമല്ലോ സ്വപ്നം കാണുന്നില്ല അതുപോലെ കാണുവല്ലോ കണ്ണൊന്നും വേണ്ട കണ്ണടച്ച കുറച്ചുകൂടെ നന്നായിട്ട് കാണും ചിലപ്പോ കണ്ണും തുറന്നിരിക്കുമ്പോ കാണുന്നതിനേക്കാൾ നന്നായിട്ട് കണ്ണടച്ചാ കാണും ചെവി അടച്ചാ ഉള്ളിൽ നല്ലവണ്ണം കേൾക്കും സർവ ഇന്ദ്രിയങ്ങളും ഉള്ളിലുണ്ട് അതിനെ അടയ്ക്കാൻ ഒരു വഴിയില്ല അവിടെയാണ് രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്വരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമധിഗതി എന്ന് ഗീതാ ഉപദേശം നമുക്ക് വഴികാട്ടിയാവുന്നത് ഇന്ദ്രിയ വിഷയങ്ങളെ ജയിക്കുക എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ ഉള്ളിൽ കടക്കാതിരിക്കാനും ഉള്ളിലുള്ള വിഷയവാസന പുറത്തേക്ക് പോകാനും മനസ്സ് പ്രസന്നമാവാനും രാഗവും ദ്വേഷവും എടുത്തു ഒന്നും വേണ്ട രാഗത്തിന്റെയും ദ്വേഷത്തിന്റെയും രൂപത്തിലാണ് സുഖത്തിനോട് രാഗവും ദുഃഖത്തിനോട് ദ്വേഷവും അഹങ്കാരത്തിന്റെ രണ്ട് വശങ്ങളാണ് അത് പോയാൽ മനസ്സ് പ്രസന്നമാവും മനഃപ്രസാദേ പരമാത്മദർശനം മനസ്സ് പ്രസന്നമായാൽ ഭഗവദ്ദർശനം ഉള്ളിലുണ്ടാകും അതാണ് തെക്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന പ്രാണന്റെ സൂക്ഷ്മരൂപമാണ് ഉള്ളിലുള്ള ചിത്തം അഹങ്കാരം ബുദ്ധി ഇതൊക്കെ ആചാര്യസ്വാമികൾ അപരോക്ഷാനുഭൂതിയിൽ പറയുന്നു ചിത്താതി സർവഭാവേഷു ബ്രഹ്മാത്മത്വ അവലോകനാത് നിരോധ സർവൃത്തീനം പ്രാണായ ആന്തരിക പ്രാണായാമം എന്താന്ന് വെച്ചാൽ പ്രാണനെ അടക്കലല്ലാത്രേ പ്രാണന്റെ സൂക്ഷ്മരൂപമായ ചിത്തചലനം വിവേകചലനം അഹങ്കാര ചലനം ഇതൊക്കെ ഉള്ളിലുള്ള പ്രാണചലനമാണ് അതിനെയൊക്കെ ബ്രഹ്മാത്മത്വ അവലോകനാത് ബ്രഹ്മത്തിൽ നിന്നും അന്യമായി യാതൊന്നുമില്ല എന്നുള്ള തത്വത്തിനെ സ്വീകരിക്കുന്നത് ചിത്തം എന്നുള്ളത് എവിടെ പൊന്തി ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ ഒരു ചലനമാണ് ചിത്തം സമുദ്രത്തിൽ അല കുമിള നൊരാപത ഇതൊക്കെ തന്നെ വാസ്തവത്തിൽ എന്താ വെള്ളം തന്നെയാണ് വെള്ളം മാത്രമേ അവിടെ ഉള്ളൂ വെള്ളത്തിനെയാണ് അലയെന്ന് വിളിക്കുന്നത് വെള്ളത്തിനെയാണ് കുമിള എന്ന് വിളിക്കുന്നത് വെള്ളത്തിനെയാണ് നൊരയും പതയും ഒക്കെയായി വിളിക്കുന്നത് ഐസായിട്ട് വിളിക്കുന്നത് വെള്ളമാണ് വസ്തു അതുപോലെ വസ്തു ഒന്നേ ഉള്ളൂ ആ വസ്തു തന്നെയാണ് മനസ്സായിട്ടും അഹങ്കാരമായിട്ടും ബുദ്ധിയായിട്ടും സ്ഥൂല രൂപത്തിലാകുമ്പോ ശരീരമായിട്ടും ശരീരത്തിലൂടെ പ്രപഞ്ചമായിട്ടും ഒക്കെ കാണപ്പെടുന്നത് ഈ തത്വം ആന്തരികമായി യോഗത്തിന്റെ ഉയർന്ന പടികളിൽ വളരെ സഹായിക്കും അവിടെ എത്തുമ്പോ നിങ്ങൾ ഈ തത്വത്തിനെ ഉള്ളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മനസ്സ് ചഞ്ചലപ്പെട്ടാലും ചഞ്ചലപ്പെടുന്നതും നിശ്ചലമായി നിൽക്കുന്നതും ഒക്കെ തന്നെ അലയടിക്കുകയും കുമളകൾ ഉണ്ടാവുകയും നിശ്ചലമാവുകയും ചെയ്യുന്ന സമുദ്രം വെറും ജലം എന്ന മാതിരി മനസ്സും ഒക്കെ തന്നെ ബോധം തന്നെയാണ് ചിത്തവൃത്തികളെല്ലാം ബോധം തന്നെയാണ് അത് ചിത്തവൃത്തികളായി ചലിക്കുമ്പോൾ അതിന് ശക്തി എന്നും നിശ്ചലമായി ഇരിക്കുമ്പോൾ ശിവമെന്നും വിളിക്കാം പക്ഷെ ശിവമാണെങ്കിലും ശക്തിയാണെങ്കിലും രണ്ടും ഒരേ സത്യത്തിന്റെ രണ്ടു വശങ്ങൾ തന്നെയാണ് ഇത് ആന്തരികമായി സ്വീകരിച്ചാൽ എല്ലാ കോൺഫ്ലിക്ട്സും അസ്തമിച്ചു പോകും ശാന്തി ഉണ്ടാവും നിരോധ സർവവൃത്തി നാം ചിത്തവൃത്തി നിരോധം ഉണ്ടാകും എന്നാണ് ഓരോ ചിത്തവൃത്തികളും വരുമ്പോഴും ആ ചിത്തവൃത്തികളൊക്കെ തന്നെ ബ്രഹ്മമാണെന്നും ചൈതന്യ സമ്പർക്കമുള്ളതാണെന്നും കാണാമെങ്കിൽ ചിത്തവൃത്തികളുടെ നെഗറ്റിവിറ്റി പോയി പോകും കോപം എന്ന് പറയുമ്പോൾ കോപം എന്താണ് നിശ്ചലമായ ബോധത്തിൽ ഒരു കോപം എന്നുള്ള ഒരു ഊർജം പൊന്തുകയാണ് ആ കോപവും ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് എന്നിൽ നിന്ന് അന്യമായി കോപമില്ല അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം എടുത്ത് പ്രയോഗിക്കുക കോപവും കാമവും ദ്വേഷവും സ്നേഹവും ആസക്തിയും എല്ലാം ആ ശക്തിയുടെ വിവിധതരം ഭാവങ്ങളാണ് അതിൽ ദിവ്യത്വാരോപണം കൊണ്ടുവന്നാൽ അത് അതിന്റെ വഷം ഉപേക്ഷിക്കും ഒരു വസ്തുവേ ഉള്ളൂ രണ്ടാമതൊരു വസ്തു ഇല്ല ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി നാനാത്വം അല്പം പോലും ഇല്ല വസ്തു ഒന്നേ ഉള്ളൂ ഇത് പ്രാണരോധം ഉണ്ടാക്കും ഇതാണ് നല്ല പ്രാണായാമം തെക്വാ വിഷയം ബാഹ്യം റദ്ദപ്രാണേന് ഇത് സൂക്ഷ്മ പ്രാണായാമമാണ് സ്ഥൂലപ്രാണായാമമാണ് ശ്വാസത്തിനെ ഉള്ളിലും പുറത്തും വിടുകയും പിടിച്ചു നിർത്തുകയും ഒക്കെ ചെയ്യും ഇത് പ്രാണന്റെ സൂക്ഷ്മ തലങ്ങളെ നിരോധിക്കുകയാണ് തെക്വാ വിഷയം ബാഹ്യം റുദ്ധപ്രാണേന് രുദ്ധ മനസാ അപ്പൊ മനസ്സും നിരോധമാവും അന്തസ്വാധ്യന് ഉള്ളിൽ ഹേ അരുണാചലം അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് അരുണാചലം ആരാണ് ഹൃദയ അഹമിതി നൃത്യസിഭോം ഹൃദയത്തിൽ ഞാൻ എന്ന അനുഭവരൂപത്തിൽ നർത്തനം ചെയ്യുന്ന ശിവൻ അതാണ് ശിവന്റെ നടരാജ നർത്തനം നടരാജന്റെ നർത്തനം ശക്തി സമ്പർക്കത്തിൽ ശിവൻ നടനം ചെയ്യുന്നു ആ നടനം അസ്തമിച്ചാൽ നിശ്ചലമായി സമാധിയായി അചലനെയായിനും അച്ചബൈ തന്നിൽ അചലയാം അമ്മയെതിരാടും അചല ഉരുവിൽ അശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം എന്ന് അറി രമണ ഭഗവാന് ഒരു ഭക്തൻ ചിദംബരത്തിലേക്ക് വിളിച്ചു അപ്പൊ പറഞ്ഞു ഭഗവാന് ചിദംബരത്തിലെ നടരാജാവിന്റെ നർത്തനം കാണണ്ടേ അവിടെ ആകാശലിംഗം അരുണാചലം അഗ്നി അതുകൊണ്ട് ആകാശലിംഗത്തിനെ കാണണ്ടേ എന്ന് പറഞ്ഞു വളരെ നിർബന്ധിച്ചപ്പോ ഭഗവാൻ ഒരു ശ്ലോകം തമിഴിൽ എഴുതിയതാണ് അചലനേ ആയിനും അച്ചബൈതന്നിൽ അചലയാം അമ്മയെതിരാടും അചല ഉരുവിൽ അശക്തി ഒടുങ്കിടവും അരുണാചലം എന്ന് അറി അചലനേ ആയിനും അചലനായ ശിവൻ അച്ചബൈതന്നിൽ സഭ ചിദംബരത്തിന് സഭ എന്നു പേര് ആ സഭയിൽ തന്നിൽ അചലയാം അമ്മയെതിരാടും അച്ചലയായി അവിടെ ശക്തി അചലയായിട്ട് നിന്ന് ശിവൻ ശിവനെ നർത്തനം ചെയ്യിപ്പിക്കുന്നു അത്രേ അചല ഉരുവില ശക്തി ഒടുങ്കിടവങ്കും അരുണാചലത്തിൽ അരുണാചലേശ്വരൻ അചലമായി നിന്ന് ശക്തിയെ തന്നിലേക്ക് സംഹാരം ചെയ്യുക തന്നിൽ അടക്കുക ശക്തി ശിവനിൽ ലയിക്കുക അചല ഗുരുവിലെ ശക്തി ഒടുങ്കിടെ ഓങ്കും അരുണാചലം എന്നറിയില്ല ഓങ്കും എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സ്പിരിച്വലി ഹയർ അധ്യാത്മികമായി ഉയർന്നതാണ് വളരെ ശക്തിയെ തന്നിൽ ആവാഹനം ചെയ്ത് അടക്കുന്ന സ്ഥലമാണ് അപ്പൊ ആ ശക്തി ശക്തി എന്ന് വെച്ചാൽ ചലനം സ്പന്ദനം പ്രാണചലനം മനചലനം ചിത്തവൃത്തികളുടെ ചലനം സൂക്ഷ്മമായ വ്യക്തിബോധത്തിന്റെ ചലനം ഇതൊക്കെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ കാണാം അല്പം ധ്യാനിക്കാൻ ഇരുന്നാൽ ഈ ചലനങ്ങളൊക്കെ കാണാം പ്രാണനെ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ അതിന് പുറകിൽ മനസ്സ് ചലിക്കുന്നത് കാണാം ഇതൊക്കെ അടങ്ങി ീതി ഒരു വെളിച്ചം കാണുന്നു എല്ലാ അണങ്ങുമ്പോഴാണോ വെളിച്ചം കാണുന്നത് അതെന്ത് ജ്യോതിയാണ് നമ്മൾ കാണുന്ന വിളക്കിന്റെ ജ്യോതി എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ജ്യോതി തമേവ ഭാന്തനുഭാതി സർവം തസ്യ ഭാസം ഇതം വിഭാതി അതിന്റെ വെളിച്ചം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രകാശിക്കുന്നു പ്രപഞ്ചത്തിനെ കണ്ണുകൊണ്ട് കാണുന്നു കണ്ണ് മനസ്സുള്ളത് കാണുന്നു മനസ്സിലുള്ള വെളിച്ച മനസ്സിലുള്ള വിഷയങ്ങളെയും കാണുന്നു ഇങ്ങനെ എല്ലാത്തിനും കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ രാമലിംഗ സ്വാമികൾ തമിഴിലെ പാട്യോതി ഉൾ ജ്യോതി ഉൾ ജ്യോതി കേട്ടോ അടുക്ക് മാറി ആ സടുക്ക് ജ്യോതി ഉൾ ജ്യോതി ഉൾ ജ്യോതി വെളിയിലൊരു ജ്യോതി അതൊക്കെ ഒരു ജ്യോതി അതൊക്കെ ഒരു ജ്യോതി അതൊക്കെ ഒരു ജ്യോതി ജ്യോതി ഇരിക്കുന്നതിനാല് മീതി എല്ലാം പ്രകാശിക്കരുത് ആത്മാപ്രകാശം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രകാശിക്കണം അപ്പോ ആ വെളിച്ചം തന്റെ ഉള്ളിൽ പശ്യതിക്കുമ്പോ ആ വെളിച്ചം തന്നിൽ കാണുന്നു ചിജ്യോതിസിനെ തന്നിൽ കാണുന്നു ്യർതമനസം പശ്യൻ സർ തവായാ സതകം ഭജത്തെ അനന്യീത സജയത്യുണാചല ഖേ മഗ്ന അഥ ചേകരാത്മസാക്ഷാത്കാര സ പുരുഷ വിശ്വസ്വ അനന്യ അനുഭവ സിദ്ധേ തഖണ്ഡസ്വം പ്രത്യക്ഷം സ്ഥിതി പദ്ധ്യ സിദ്ധപുരുഷന്റെ മഹിമയാണ അഞ്ചാമത്തെ ശ്ലോകം കൊണ്ട് പരിണത് സിദ്ധപുരുഷൻ എന്ന് വെച്ചാൽ സ്പിരിച്വൽ പെർഫെക്ഷൻ ഹുസ് അറ്റൈൻഡ് സ്പിരിച്വൽ പെർഫെക്ഷൻ അതായത് മനസ്സാ അയാളുടെ മനസ്സ് ഭഗവാനാ ഭഗവാന് അർപ്പിതമായിരിക്കുന്നു ഭഗവാന് വേറെ ഒന്നും വേണ്ട ബാക്കി വെക്കി കൊടുത്തിട്ട് എന്ത് കാര്യം ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമി പറയുന്നു അങ്ങക്ക് ഞാൻ എന്ത് തരും അങ്ങക്ക് എല്ലാ അടുത്തുണ്ട് ശിരസ്തേ കരസ്തേ ഹേമാദ്രൗ ഗിരിശനികേ ധനപതൗ ഹേ ശിവ ഈശ്വരനോട് പറയാണ് അങ്ങയുടെ കൈക്കടുത്ത് സ്വർണഗിരി ഉണ്ട് നിക്കടസ്ഥേ ധനപദവും വളരെ അടുത്ത് കുബേരനുണ്ട് ചിന്താമണിയുണ്ട് സ്വർഗംഗയുണ്ട് എല്ലാ അടുത്തും ഉണ്ട് അങ്ങക്ക് ഞാൻ എന്ത് തരും ഭഗവാന്റെ കയ്യിൽ ഇല്ലാത്ത ഒരേ സാധനമേ ഉള്ളൂ മനസ്സ് അതുകൊണ്ട് അർത്ഥം മമ മനഹാണ് അങ്ങയ്ക്കായിട്ട് ഞാൻ എന്റെ വളർത്തുകൊരങ്ങനെ തരുന്നു സദാ ഓഹാടവ്യം ചരതി യുവതീനാം കുജഗിരൗ നടത്യാശാശാഖാസു അടതി ടി സ്വൈരമഭിഹം കപാലിൻ ഭിക്ഷോ ഹൃദയ കിം അത്യന്തം ദൃഢം ഭക്തം അധീനം ഈ കൊരങ്ങൻ സാധാരണ കയറുകൊണ്ട് കെട്ടിയാ പോരാ ദൃഢം ഭക്ത കപാലിൻ ഭിക്ഷോ ശിവൻ കപാലിയാണ് ഭിക്ഷാന്ഹിയാണ് അതുകൊണ്ട് വെറുതെ ഭിക്ഷ എടുക്കാൻ പോയാ ആളുകൾ ചിലപ്പോൾ ഭിക്ഷ കൊടുക്കില്ല അതുകൊണ്ട് ഒരു കൊരങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ആടറാമാടറാമാന്ന് പറഞ്ഞൊരു വടിയൊക്കെ വെച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടിപ്പിക്കുകയൊക്കെ ചെയ്താൽ ഭിക്ഷ കിട്ടും അതുകൊണ്ട് നല്ല കൊരങ്ങനെ തരാം എല്ലാ സർക്കസും കാണിക്കും എല്ലാ ജിംനാസ്റ്റിക്സും അതിൻ്റെ അടുത്തുണ്ട് അത്യന്ത ചപലം എന്നാണ് വെറുതെ ചപലം എന്ന് പറഞ്ഞാൽ പോരാ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു കൊരങ്ങനെ ചവലം കൊരങ്ങൻ ഇത്തിരി കള്ളും കുടിച്ചു അത്ര ആ കൊരങ്ങനെ മേലെ ഒരു ഭൂതവും ആവേശിച്ചു അവസാനം അതിനൊരു തേളും കടിച്ചു എന്നാണ് അത്രയധികം ചപലമായ അത്യന്ത ചപലം ദൃഢം ഭക്താം ഈ കൊരങ്ങനെ സാധാരണ കയറുകൊണ്ടൊന്നും കെട്ടിയാ പോരാ ഭക്തിയാകുന്ന കയറുകൊണ്ട് കെട്ടി അങ്ങയുടെ കയ്യിൽ അങ്ങയുടെ കയ്യിൽ ഇരുന്നു കൊണ്ട് ഇവൻ ചഞ്ചലിച്ചു ത്വത് അധീനം കുരുവിഭോ കൺട്രോളിൽ ഇരിക്കുമ്പോൾ അത് എവിടെ ഓടിയാലും കുഴപ്പമില്ല ഭഗവാൻ പിടിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ മനസ്സ് ചഞ്ചലപ്പെട്ടോട്ടെ മനസ്സ് അതിൻ്റെ ഉള്ളിലല്ലേ ചഞ്ചലപ്പെടുകയുള്ളൂ പിടിക്കുന്ന ആളുടെ സ്വാതന്ത്ര്യമാണ് നമ്മളുടെ കയ്യിൽ വെച്ചാലേ കുഴപ്പമുള്ളൂ ഭഗവാന്റെ കയ്യിൽ കൺട്രോൾ കൊടുത്തിട്ട് ഭവത് അധീനം അങ്ങയുടെ ഇവൻ ചഞ്ചലപ്പെട്ടോട്ടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നായിനെ അഴിച്ചുവിടുന്ന പോലെയാണ് പുറത്തുപോയാലേ കുഴപ്പമുള്ളൂ കോമ്പൗണ്ടിൻറെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നോട്ടെ അതുപോലെ ഭഗവാന്റെ അധീനത്തിൽ ഈ മനസ്സിനെ കൊടുത്തു ഭഗവാന് അർപ്പണമാണ് മനസ്തേതു എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് അർപ്പണം വസതുഭിതൗ കരൗായം ശ്രുതിരപി കഥാകർണ്ണന വിധവും നയനയുഗളം മൂർത്തി വിഭവേ ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാൻ അർപ്പണം ചെയ്യണം മനസ്സ് ഭഗവാന്റെ പാദത്തിൽ നിൽക്കട്ടെ കണ്ണുകൊണ്ട് ഭഗവാന്റെ ദിവ്യരൂപം കാണട്ടെ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായി കരുതിയ ജഗത്തൊക്കെ ഭഗവാന്റെ സ്വരൂപം തന്നെ ചെവി കൊണ്ട് ഭഗവത് കഥകൾ സത്സംഗത്തിൽ ശ്രവണം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അങ്ങനെ സർവേന്ദ്രിയങ്ങളെയും ഭഗവത് അർപ്പണം ചെയ്തു ത്വർപ്പിത മനസാം മനസ്സിനെ ഭഗവാൻ അർപ്പണം ചെയ്തിട്ട് അപ്പൊ എന്താവും ത്വാം പശ്യൻ എല്ലാം ഭഗവാനായിട്ട് കാണും അതാണ് വിശ്വരൂപ ദർശനം മഹാബലി മൂന്നാമത്തെ അടി കൊടുത്തതും വാമനൻ ത്രിവിക്രമനായി മഹാബലിക്ക് ദർശനം കൊടുത്ത് സംരക്ഷണം കൊടുത്ത പോലെ മൂന്നാമത്തെ അടി എന്താണ് ഈ മനസ്സാണ് മനസ്സിനെയും കൊടുത്താലേ ശരിയാവുള്ളൂ സ്ഥൂല ശരീരം കാരണശരീരം എന്ന മൂന്നടി മണ്ണു കൊടുത്താൽ അനുഭവമണ്ഡലം മുഴുവൻ ഭഗവാൻ വ്യാപിക്കും സാധന കൊണ്ടൊക്കെ സ്ഥൂല സൂക്ഷ്മശരീരവും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ശരണാഗതി കൊണ്ടാണ് ഈ കാരണശരീരത്തിന് ആവരണ ശരീരത്തിന് നമ്മളുടെ ഉറക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അനുഭവമണ്ഡലത്തിന് അവിടെയാണ് ഈ വ്യക്തിബോധം ഒളിഞ്ഞുകിടക്കുന്നത് അതിനെയും ഭഗവാൻ ശരണാഗതി ചെയ്യുക എന്നുള്ളത് പ്രപത്തി കൊണ്ടേ പറ്റുകയുള്ളൂ സാധനയൊക്കെ തന്നെ മനസ്സ് വരെയേ അവിടെ എത്തിയാൽ ഈ വ്യക്തി അഹങ്കാരവും ഉള്ളിൽ ഒളിഞ്ഞു പോകുന്നത് കൊണ്ട് പ്രവേശിക്കാൻ പറ്റില്ല അതിനപ്പുറം പ്രവേശിക്കാൻ പറ്റില്ല സാധകൻ തന്നെ തന്നെ ഭഗവാന് കൊടുക്കുക എന്നുള്ളതാണ് മഹാബലി ചെയ്തത് ഭഗവാൻ അതുകൊണ്ടാണ് വീരവ എന്ന് വിളിക്കണത് ഭഗവാൻ എല്ലാം പറിച്ചെടുത്തു സ്ഥൂല മണ്ഡലത്തിലുള്ളതും പറിച്ചെടുത്തു സൂക്ഷ്മ എന്നിട്ട് മൂന്നാമതും അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് രക്ഷിഷ്യേ സർവതോഹം ത്വാം തനിക്ക് എപ്പോഴും എന്നെ കാണാൻ കഴിയും രകത്ത് മുഴുവൻ എന്റെ സ്വരൂപമായിരിക്കും അങ്ങനെ മഹാബലിക്ക് അനുഗ്രഹം ചെയ്യുന്നത് അപ്പോ ത്വ്യർപ്പിത മനസ്സാ ത്വാം പശ്യൻ സർവം തവ ആകൃതി തയാ എല്ലാം ഭഗവാന്റെ ആകൃതിയായി കാണുന്നു എപ്പോ തന്നെ ഭഗവാന് കൊടുക്കുന്നുവോ നമ്മളെല്ലാം കൊടുത്തിട്ട് നമ്മളെ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല യു ഹാവ് ടു ഗിവ് യുവർ സെൽഫ് വേറെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ബാക്കിയൊന്നും നമ്മളുടെ അല്ല നാളികേരം വാങ്ങിച്ചുകൊണ്ട് വന്നു ഭഗവാൻ കൊടുത്തു നാളികേരം നമ്മുടെ ഒന്നുമല്ല നമ്മളുടെ ഒരു ഭക്തിക്ക് ശരി ഇന്നലെ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഭഗവാന് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് നമ്മളുടെ ഉള്ളിലുള്ള ഇത്തിരിത്തിരി ഭഗവാൻ കൊടുക്കും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ കൊടുക്കാൻ പറയുന്നത് പക്ഷെ സാധനങ്ങൾ കൊടുത്തത് കൊണ്ട് പൂർണ്ണമാവില്ല സാധനങ്ങളൊക്കെ നമ്മളുടേന്ന് കരുതുന്നത് കൊണ്ട് അത് സറണ്ടർ ചെയ്യാൻ പറയുകയാണ് ഓർമ്മിപ്പിക്കുകയാണോ നമ്മളുടെ അല്ല എന്ന് മമതാത്യാഗം അഹന്താത്യാഗം രണ്ടെണ്ണം ഉണ്ട് മമതാത്യാഗമാണ് നമ്മൾ വസ്തുക്കൾ കൊടുക്കുന്നത് പണം കൊടുക്കുന്നു വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നു ഇതൊക്കെ അർപ്പണം ചെയ്യുന്നു അഹന്താത്യാഗം ഈ കൊടുക്കുന്നവനെ കൊടുക്കണം തന്നെ തന്നെ കൊടുക്കൽ കൊടുക്കൽ എന്ന് വെച്ചാൽ എന്താ ജീവിതത്തിൽ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ആള് അവനെ ഭഗവാന് കൊടുത്തു കഴിഞ്ഞു അതാണ് അതിന്റെ ലക്ഷണം ഒരു കംപ്ലയിന്റും ഇല്ല എവിടെ വെച്ചാലും എന്തൊക്കെ അനുഭവം സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും എല്ലാം ഭഗവാന്റെ പ്രസാദമെന്ന് അവന് കരുതാൻ പറ്റുമോ അവൻ ഭഗവാന് തന്നെ അർപ്പിച്ചു കഴിഞ്ഞു അല്ലാതെ ഭഗവാൻ അർപ്പിക്കൽ എന്നുള്ളത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭാവമല്ല ഒന്നും തൻ്റെതില്ല ഒക്കെ ഭഗവാന്റെ ഇഷ്ടമാണ് കാരണം ഞാൻ തന്നെ ഭഗവാന്റെ സ്വത്താടൻ അങ്ങക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോളൂ എന്നാണ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം പൂർവകർമ്മത്തിനനുസരിച്ച് എനിക്ക് എന്തൊക്കെ വരണമോ അതൊക്കെ വരട്ടെ അങ്ങ് എവിടെ ഇരുത്തിയാലും ഞാൻ അവിടെ ഇരിക്കാം എന്ത് അനുഭവം തന്നാലും അനുഭവിച്ചോളാം എന്ത് ചെയ്യിപ്പിച്ചാലും ചെയ്തോളാം യാതൊന്നുമില്ല അതാണ് തന്നെ അർപ്പിക്കൽ ഇത് ഈ ഭക്തി സഹജമായി ദൈനംദിന ജീവിതത്തിൽ കുറച്ച് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അഭ്യാസം ചെയ്തു കൊണ്ടുവന്നാൽ മതി തന്നെ കൊടുക്കൽ നമ്മള് ഭഗവാന്റെ ആകൽ ഭഗവാൻ നമ്മളുടെ ആവുന്നതിനും നമ്മൾ ഭഗവാന്റെ ആവുന്നതിനും ഭക്തിമണ്ഡലത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്റെ ഗുരുവായൂരപ്പ എന്ന് പറയുന്നതിനും ഗുരുവായൂരപ്പന്റെ ഞാനാവുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് ഭഗവാൻ എങ്ങനെ വേണമെങ്കിലും നിൽക്കും എങ്ങനെ നീ എന്നെ സ്വീകരിക്കുന്നു അങ്ങനെ ഞാൻ വരാം എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ ഗുരുവായൂരപ്പൻ എന്റെ വരും ഗുരുവായൂരപ്പനെ നോക്കേണ്ട ചുമതല നമുക്ക് വരും ഗുരുവായൂരപ്പൻ അങ്ങനെയും നിന്ന് തരും കുട്ടിയായിട്ട് കളിക്കും ഗുരുവായൂരപ്പന്റെ കൈയില് ഞാനാകുമ്പോൾ നമ്മളെ നോക്കേണ്ട ചുമതല ഗുരുവായൂരപ്പന്റെ ഏതാ വേണ്ടത് ഏതാണോ ഉത്തമം നോക്കാം നമ്മൾ ഗുരുവായൂരപ്പന്റെ ദാസ്യഭാവം അങ്ങനെയാണ് ദാസ്യഭാവത്തിൽ ഭഗവാന്റെ കയ്യിൽ ഈ ജീവൻ യന്ത്രമായി മാറും ഈ ജീവൻ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ അപ്രധാനമായിട്ട് തീരുകയാണ് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആഗ്രഹം സാധിക്കണം നിർബന്ധമില്ല കാരണം ഭഗവാൻ നിശ്ചയാണ് നടക്കാൻ പോണം എന്റെ ആഗ്രഹമല്ല എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷെ ആ ഇഷ്ടം നടക്കണം നിർബന്ധമല്ല എന്താ ഭഗവാൻ എന്ത് തീരുമാനിച്ചു അത് നടക്കട്ടെ ഇതാണ് തന്നെ ഭഗവാൻ കൊടുക്കുക എന്നുള്ളത് അപ്പൊ ത്വർപ്പിത മനസ്സാ ത്വാം പശ്യൻ ൃതിയ സതേ എപ്പോഴും ഭജിക്കുന്നു എന്നാണ് അയാളുടെ ഭക്തി കുറച്ചു നേരം പൂജ ചെയ്യുമ്പോ മാത്രമല്ല ഭക്തി അയാളുടെ ഭഗവാൻ ആരാണ് സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം സർവതഃ പാണിപാദം തത്സർവതോക്ഷി ശിരോമുഖം സർവത്തശ്രുതിമല്ലോകെ സർവം ആവൃത്യ തിഷ്ടി സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃവ നിർഗുണം ഗുണഭോക്തൃ എല്ലാ ഇടത്തും കൈയും കാലും തലയുമായിട്ടിരിക്കുന്നവനും എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും കാണുന്നവനും അനുഭവിക്കുന്നവനും ഒരു ഇന്ദ്രിയങ്ങളോടും സമ്പർക്കമില്ലാത്തവനും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനും ഒന്നിനോടും പറ്റിക്കൂടാത്തവനുമായ വിശ്വരൂപനാണ് ജ്ഞാനിയുടെ ഭഗവാൻ അയാളുടെ ഭഗവാൻ ഒരിടത്ത് മാത്രമല്ല സർവതഹ പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമല്ലോകേം സർവം ആവൃത്യ തിഷ്ഠതി എല്ലാത്തിനും ആവരണം ചെയ്ത് നിൽക്കുന്ന നാരായണൻ എല്ലാത്തിനും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ ആ ഈശ്വരനെ സദാ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതും സദാ ഭജിക്കുക എന്നുള്ളതുമാണ് സതതം ഭജതേ എങ്ങനെ ഭജിക്കുന്നു അനന്യപ്രീത്യാ അന്യമായി എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അന്യപ്രീതി വരാൻ ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്നുള്ളതുകൊണ്ട് അനന്യഭക്തി അവനിൽ സഞ്ജാതമാവുന്നു പരാ ഭക്തി അവനിൽ സഞ്ജാതമാവുന്നു ശരിയായ ഭക്തി അപ്പൊ ജാനത്തിന് ശേഷമേ വരുള്ളൂ ജ്ഞാനത്തിന് ശേഷം ബ്രഹ്മഭൂത പ്രസന്മാോചതി നാഞ്ച്ഛതി സമസുഭൂത മത്ഭക്തി ലഭത്തെ പരാ ഭമിജാതിയാവാസ്മ തതോമാം തത്വത്തോജ്ഞാത്വ വിശതേ തനന്തരം ഇതാണ് ഭക്തിക്ക് ആത്യന്തികമായ പ്രമാണം ഭഗവാൻ ഗീതയില് ഭക്തിയെ പറയണത് അങ്ങനെയാണ് ബ്രഹ്മഭൂത പ്രസന്നാത്മാ അതായത് തന്റെ ഉള്ളിൽ അഹമഹമെന്ന് അനുഭവപ്പെടുന്നത് ബ്രഹ്മമാണെന്ന് അറിഞ്ഞ് ആ ബ്രഹ്മമാണ് താനെന്നുറച്ച് പ്രസന്നമായി രാഗദ്വേഷങ്ങൾ നിശേഷം വിട്ടുപോകുന്നത് ശോചതി നാംക്ഷതി ഒന്നിനെ കുറിച്ചും ആലോചിച്ച് ദുഃഖിക്കുകയോ എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യാത്ത ആള് സമ സർവേഷു ഭൂതേഷു എല്ലാ പ്രാണികളിലും സമബുദ്ധി സർവപ്രാണികളിലും അന്തര്യാമിയായിരിക്കുന്ന വിരാട് പുരുഷനെ കാണുമ്പോ മത്ഭക്തിം ലഭതേ പരാം അപ്പോഴാണ് അവന് പരാഭക്തി ഉണ്ടാവുന്നത് ഭക്തികൊണ്ട് അവൻ എന്നെ നല്ലവണ്ണം അറിയുന്നു ഭക്തമാം അഭിജാനാതി യവാൻ യശ്ചാസ്മിത ഞാൻ എത്ര കൊണ്ടെന്നും ഞാൻ ആരാണെന്നും ഒക്കെ അവൻ നല്ലവണ്ണം അറിയുന്നു അങ്ങനെ അറിയുമ്പോ തത് അനന്തരം വിശത്തെ അതിനെയും കടന്ന് നിർവിശേഷമായ പദത്തിൽ വിശ്രമിക്കുന്നു ശാന്തിയിൽ വിശ്രമിക്കുന്നു ഭക്തിയുടെ പരമകാഷ്ടയാണ് ഈ പരാഭക്തി അതാണ് ത്വയർപ്പിത മനസാത്വാം പശ്യൻ ഉന്നിടത്തിൽ ഒപ്പുവിത്ത ഉള്ളത്താൽ എപ്പോഴും ഉന്നൈ കണ്ട് അന്നിയമിൽ അൻപു ചെയ്യുമെന്നോൻ അരുണാചലാ വിളങ്ങും ഇൻപുരുവാം ഉന്നിൽ ആഴ്ന്നേ ആനന്ദസ്വരൂപനായ ഭഗവാനിൽ രമിച്ചുകൊണ്ട് ജഗത്ത് മുഴുവൻ അരുണാചലസ്വരൂപമായി ആ ഭക്തൻ കാണുന്നു ഇതിനു മുമ്പൊരു പലവട്ടാക്ക അത് പറഞ്ഞിട്ടുണ്ടാവണം എന്നാലും പറയാം കാർത്തിക ദീപമാണ് തിരുവണ്ണാമലയിൽ ഏറ്റവും പ്രധാനം ഒരു കാർത്തിക ദീപത്തിന് ഇപ്പോഴൊക്കെ ഭയങ്കര തിരക്കാണ് അതുപോലെ തിരക്ക് അന്നത്തെ കാലത്തൊന്നുമില്ല കുറച്ച് വർഷങ്ങൾ മുമ്പ് തന്നെ തിരക്കൊന്നുമില്ല അരുണാചലത്തില് തിരക്ക് വളരെ കുറവായിരിക്കും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലുള്ളവരെ വരുകയുള്ളു ഒരു കാർത്തിക ദീപത്തിന് ഈ ചുറ്റുമുള്ള അറുപത്തിനാല് ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾന്ന് വെച്ചാൽ അഗ്രഹാരമില്ലേ അല്ലാന്ന് ചേരികൾ ഈ ചേരികളിൽ നിന്നുള്ളവരൊക്കെ എല്ലാം അരുണാചലത്തിന് അണ്ണാമലയെ തൊഴാനായി വരും ചുറ്റുമുള്ള തടാകങ്ങളിലൊക്കെ മുങ്ങും ചളിവെള്ളത്തോടുകൂടെ പ്രദക്ഷിണം ചെയ്യും അവരിൽ പലരെയും രമണ മഹർഷിക്ക് നല്ലവണ്ണം അറിയാം മഹർഷി മലയിൽ ഇരിക്കുന്ന കാലത്തൊക്കെ ഇവരൊക്കെ വന്ന് കാണുകയും ഇവര് കൂഴും കഞ്ഞിയും ഒക്കെ കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ആശ്രമത്തിലേക്കും വരും ആശ്രമത്തിൽ വന്ന് സ്വാമി സ്വാമി എന്ന് പറഞ്ഞ് തൊടുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യും രാവിലെ മുതൽ ഇവരുടെ ഇങ്ങനെ തിരക്കായിരിക്കും ആശ്രമം ഒക്കെ കുറെ നേരം കഴിഞ്ഞാൽ ആറാൻ തുടങ്ങും പക്ഷെ അന്ന് മഹർഷി വളരെ പ്രസന്നമായി രാവിലെ മുതൽ ഈ കാർത്തിക ദീപം ദിവസം ഇവരെയൊക്കെ നോക്കിക്കൊണ്ട് ആ കട്ടലിൽ ഇരിക്കണ്ടാവും ഇവർ വരിവരിയായി വരുന്നതും കാർത്തികയ്ക്ക് വൈകുന്നേരം ദീപം ഏറ്റിക്കഴിഞ്ഞാൽ പിന്നെ പത്ത് ദിവസത്തേക്ക് ഇവരുടെ തിരക്കാണ് പക്ഷെ ആദ്യത്തെ ഒരു ദിവസം ഒന്നര ദിവസം നല്ല തിരക്കായിരിക്കും ഇങ്ങനെ വരിവരിയായി വന്നുകൊണ്ടിരിക്കും അപ്പൊ ആഹാരം കഴിക്കുന്ന സമയം വെച്ച് ബാക്കിയുള്ള സമയമൊക്കെ അവിടെ ഇരിക്കും മഹർഷി അവരിങ്ങനെ വരും തൊടുകയൊക്കെ ചെയ്യും അപ്പൊ ആശ്രമത്തിലുള്ള മാനേജ്മെന്റിനൊരു വിഷമം ഇവര് തൊടുന്നു സാധാരണ തന്നെ മഹർഷി ആരും തൊടാറില്ല അത് ആശ്രമം മാനേജ്മെന്റ് തന്നെ അങ്ങനെ സംരക്ഷിച്ചിരുന്നു ഇനി ഇവർക്ക് അതൊന്നും അറിയൊന്നുമില്ല അവർ തൊടും നേരെ ചളിവെള്ളമൊക്കെ വീഴും അടുത്തൊക്കെ വെള്ളം വീഴും അപ്പൊ നടുവിലൊരു റെയിലിങ്സ് ഇട്ടിട്ടുണ്ട് ഈ കട്ടിലിനും അദ്ദേഹത്തിനും നടുവിൽ അതൊക്കെ കൈനീട്ടിയാൽ എത്തുന്ന ദൂരത്തിലേ ഉള്ളൂ അതുകൊണ്ട് ഓഫീസിലുള്ളവര് പറഞ്ഞു ഭഗവാൻ പുറത്തു പോയ സമയത്ത് ആ റെയിലിങ്സ് എടുത്ത് കുറച്ച് ദൂരത്തിൽ വെച്ചാൽ ഈ വരുന്ന ജനങ്ങളൊക്കെ കുറച്ച് ദൂരത്തിൽ പോയിക്കൊള്ളും അതുകൊണ്ട് അടുത്ത് എത്തില്ലേ ആ ദൂരത്തുനിന്ന് അവർ കണ്ടോളും ഈ സമയത്തിൽ മഹർഷി അവിടെ ഇരിക്കേണ്ടാവും എന്നും ദർശനത്തിന് ടൈം റെസ്ട്രിക്ഷൻ വെക്കാനൊന്നും ആർക്കും ധൈര്യമില്ല അതൊന്നും ആർക്കും സാധ്യമല്ല അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ അവൈലബിൾ ആണ് അദ്ദേഹത്തിന് സ്പെഷ്യൽ റെസ്റ്റ് ടൈമൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല അതിനൊക്കെ ശ്രമിച്ചതാണ് മുമ്പ് ശ്രമിച്ച് ഉച്ച സമയത്ത് രമണഭഗവാന്റെ റൂമിന്റെ ഉള്ളിൽ ആരും പോവരുത് എന്നൊക്കെ ഒരു നിയമം തീരുമാനമൊക്കെ കൊണ്ടുവന്നു തീരുമാനമൊക്കെ കൊണ്ടുവന്നപ്പോ ഭഗവാൻ റൂമിന്റെ ഉള്ളിൽ നിന്ന് വെളിയിലിറങ്ങിയിരുന്നു ഉച്ച സമയത്ത് അരു ചെന്ന് ഓഫീസിൽ ചെന്ന് പറഞ്ഞു ഭഗവാന്റെ അകത്തെ പോവുന്നില്ല ചെന്ന് ചോദിച്ചപ്പോ ആ മാ ഏതോ ഉള്ള പോകപ്പെടാതെന്ന് ചെന്നാളാ അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ പേടിയാണ് അപ്പൊ ഈ ഗ്രാമജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോ കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞൊരു അറ്റൻഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം നാലഞ്ച് അഞ്ച് വർഷം മുമ്പ് മറ്റാണ് പോയത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഏർപ്പാടാക്കി ഈ നടുവിലുള്ള വേലി കുറച്ച് തള്ളിയിടം ആയിട്ട് ഏർപ്പാടാക്കി അത് മഹർഷി ഇല്ലാത്ത സമയം നോക്കി ചെയ്യണം അദ്ദേഹം മലയിലേക്ക് നടക്കാൻ പോയ സമയം നോക്കി ചെയ്യാൻ പറഞ്ഞു അതുപോലെ അദ്ദേഹം ചെയ്യുമ്പോഴേക്കും മഹർഷി കറക്റ്റ് സമയം തിരിച്ചു പറഞ്ഞു തിരിച്ചു വന്നപ്പോ കൃഷ്ണസ്വാമി ഈ തടുക്കൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചോണ്ടിരിക്കാണ് അപ്പൊ അയാളോട് ചോദിച്ചു കൃഷ്ണസ്വാമി നീ എന്ന പണ്ട്ര എന്താ ചെയ്യും അല്ലെ ഭഗവാന് നാളേക്ക് എന്തോ കൂട്ടം വരും എല്ലാം ഭഗവാൻ മേലെ പട്ടിടും എല്ലാം അഴുക്ക് വരുവാ എല്ലാം ചളി വെള്ളത്തോടോ കൂടെ വരും അങ്ങയുടെ മേലെ തൊടും അതുകൊണ്ട് ഓഫീസ് മാനേജ്മെന്റ് എന്ന് അവർ പറഞ്ഞതാണ് ഇത് കുറച്ച് ദൂരത്തിൽ ഇടാൻ അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മഹർഷി പറയില്ല അത് നമ്മള് ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ് തെറ്റാണ് ചുറ്റുമുള്ളവർ തീരുമാനിക്കുന്നതെങ്കിൽ പോലും തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ പോലും അതിൽ അസർട്ട് ചെയ്ത് അങ്ങനെ പാടില്ല ഇങ്ങനെ വേണം എന്ന് പറയില്ല ഈ വില് അക്സെപ്റ്റ് പക്ഷേ അത് തെറ്റാണെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെതായ ചില വഴികൾ ഉണ്ടാവും അതിന് അപ്പൊ കൃഷ്ണസ്വാമി അത് ചെയ്തപ്പോ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം അതൊക്കെ മാറ്റി അവിടെ വെക്കുന്നത് വരെ അറേഞ്ച് ചെയ്യുന്നവരെയൊക്കെ മിണ്ടാതിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് കൃഷ്ണസ്വാമിയുടെ അടുത്ത് പറഞ്ഞു നീ അവ ചൊല് കേട്ടൂട്ടിയോ ഇല്ലയോ ഇനി നാൻ സ്വൽത്തെയും കുഞ്ഞ കേള് ഈ സോഫാവ് എടുത്ത് അങ്ങപ്പോ ചെയ്തത് മുഴുവൻ ഈ ഘട്ടിലെടുത്ത് അങ്ങടെ അടുത്തിടാൻ പറഞ്ഞു കൃഷ്ണസ്വാമി പറഞ്ഞു ഭഗവാനേ ഭഗവാൻ മേലെ മേലെ തണി എല്ലാം ആ വീഴും അപ്പി നനച്ചിണ്ട് തന്നെ ചൊല്ലിരിക്കാം മേലെ ചളിവെള്ളമൊക്കെ വീഴും എന്ന് വിചാരിച്ചിട്ടാണല്ലോ അവർ പറഞ്ഞിരിക്കണത് നല്ലത് വിചാരിച്ചിട്ടല്ലേ പറഞ്ഞിരിക്കണത് രാവിലെ മുതൽ അങ്ങ് ദർശനം കൊടുത്തുകൊണ്ടും ഇരിക്കും എല്ലാവർക്കും വരുന്നവർക്കൊക്കെ അപെച്ചിരിക്ക സ്വാമി ഏതോ ഉർശനം കൊടുത്തു നെനിയാ അപ്പൊ സമാചാരം വരവാൾ അരുണാചല സ്വരൂപം അവ ദർശനം നമുക്ക് കിടക്കണം അത് തന്നെ ഇരുപ്പ് ഇവരുന്നവരൊക്കെ അരുണാചല സ്വരൂപം അവരുടെ ദർശനം നമുക്ക് കിട്ടണം അത് രേക്കുന്നത് അവരൊക്കെ ഭഗവത് സ്വരൂപം സർവഭൂത പശ്യേത് ഭഗവത് ഭാവന ഭൂതീ ആത്മനിഷ ഭാഗവതോത്താണികളിലും ഭഗവാനുണ്ട് എന്നുള്ള ദർശനമാണ് ഭാഗവതോത്തമലക്ഷണം ജീവൻമുക്തലക്ഷണം അതാണ് ത്വയർപ്പിതമനസം പശ്യൻ സർവം തവ ആകൃതിതയാ എല്ലാം ഭഗവാന്റെ ആകൃതിയായി പശ്യന്ന് സതതം ഭജത അങ്ങനെ കാണുമ്പോ എന്താ എപ്പോഴും ഭക്തിയാണ് ഓരോരുത്തരെ കാണുന്നതും ഭക്തിയാണ് അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ ദർശനത്തിന് അമൃത ദൃഷ്ടി എന്ന് പറയണത് അവർ നോക്കുമ്പോ ഈ നോക്കപ്പെടുന്ന ആൾക്ക് ഒരു ആനന്ദം തോന്നാൻ കാരണം നമ്മളെ തന്നെ ഒരാള് ഒരു വീട്ടിൽ കയറിപ്പോയാൽ ഉടനെ അവർ ഒരുമാതിരി ഒരു നോട്ടം നോക്കിയാൽ നമുക്ക് തോന്നും വേണ്ടി കിടന്നില്ലാന്ന് തോന്നും അവരുടെ ദൃഷ്ടി നമ്മളുടെ ഉള്ളിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അവർ നമ്മൾ ഇവരെന്തിനാ ഈ സമയത്ത് വന്നത് ഇപ്പോഴാണ് സീരിയൽ തുടങ്ങാൻ പോണത് എന്നുള്ള നോക്കിയാൽ നമുക്ക് തോന്നും വേണ്ടി കിടന്നില്ല പോകേണ്ടിയിരിക്കണം അതേസമയം ചിലപ്പോൾ നമ്മൾ കയറിപ്പോയാൽ എത്ര നാളായി വരൂ എന്ന് വന്ന് വിളിക്കുമ്പോൾ അവരുടെ ദൃഷ്ടി നമുക്ക് സന്തോഷം തരും ഈ കാണുന്ന ആളുടെ ഭാവം കാണപ്പെടുന്ന ആളിൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ് അതേപോലെ മഹാത്മാക്കളുടെ ജ്ഞാനികളുടെ ദൃഷ്ടി അമൃത ദൃഷ്ടിയാവാൻ കാരണം അവര് നമ്മളെ ഭഗവത് സ്വരൂപമായിട്ടാണ് കാണുന്നത് അപ്പൊ ആ ദൃഷ്ടി നമ്മളിൽ വീഴുമ്പോ സാധാരണ ദൃഷ്ടിയിലൊക്കെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ആനന്ദം ചിലയിടത്തിൽ ചില വീട്ടിൽ പോയാൽ ഉടനെ കോഫി കിട്ടും എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആനന്ദം ഉണ്ടാവും അവിടെ പോകുമ്പോ ചില വീട്ടിൽ പോയാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിന് ആനന്ദം ഉണ്ടാവും പക്ഷെ ഇവിടെ ഇവരുടെ ദർശനം കൊണ്ടുണ്ടാവുന്നത് ശരീരത്തിനോ മനസ്സിനോ അല്ല ആനന്ദം അവര് നമ്മളെ ശരീരമായോ മനസ്സായോ കാണാത്തത് അതിനപ്പുറവുള്ള സത്യമായി കാണുന്നതുകൊണ്ട് ആ സത്യം നമ്മളെ അറിയാതെ ഒന്ന് ഉള്ളിൽ ജ്വലിക്കും അതാണ് അമൃതദൃഷ്ടി എന്ന് പറയുന്നത് കൃപാദൃഷ്ടി ആ ദൃഷ്ടി മേല വീഴുമ്പോ ആ കേവല ദർശനം കൊണ്ട് തന്നെ വീക്ഷണം കൊണ്ട് തന്നെ അല്പനേരത്തേക്ക് നമ്മളുടെ ഉള്ളിൽ ചിത്ത് തെളിയുന്നത് ആ ദൃഷ്ടി നമുക്ക് സുഖം തരുന്നു ശാന്തി തരുന്നു നിർവൃത്തി തരുന്നു വാൽമീകി രാമായണത്തിൽ രാമൻ നടന്നു പോകുമ്പോ രണ്ടു വശത്തും നിൽക്കുന്ന ജനങ്ങളെ വാൽമീകി പറയുന്നു യശ്ച രാമം യം ച രാമോ നശ്യത്തി നിന്ദിതസർവലോകേഷ സ്വാത്മാപ്യേനം വിഗർഹത്തെ യശ്ചരാമം നശ്യേത്തു യം ച രാമോന പശ്യത്തി ആരൊക്കെ രാമനെ കാണാൻ പറ്റിയില്ലയോ അവരും കറിയോ അത്രേ രാമനെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ തിരക്കില് പുറകെ നിന്നിട്ട് ചിലപ്പോ കാണാത്ത ആളുകൾ അവരും വന്ന് നിൽക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും പോട്ടെ എംച്ച രാമോന പശ്യ രാമൻ എന്നെ മതി രാമന്റെ ദൃഷ്ടി എന്റെ മേലെ വീണിട്ടില്ലെങ്കിൽ സ്വാത്മാപ്പേനം ഉള്ളിലുള്ള ആത്മാവ് നിന്ദിക്കണു അത്ര എന്നുവച്ചാൽ എന്താർത്ഥം ശാന്തി ഉള്ളിലുണ്ട് രാമന്റെ ദൃഷ്ടി എന്റെ മേലെ വീഴുമ്പോൾ ശാന്തി കൊണ്ടുള്ളിൽ ആ ദർശനത്തിൽ അങ്ങനെ ഉള്ളത് അവർക്ക് സമദർശിത്വം വരുന്നത് ഒരാളോടും ഭേദബുദ്ധി ഇല്ലായ്മയാണ് ആ ഭേദബുദ്ധി ഇല്ലായ്മ എവിടെ വരുന്നു സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം ഹിനസ്ഥി ആത്മനാത്മാനം തഥോയാതി പരാംഗതി സമം പശ്യൻ ഹി സർവത്ര എല്ലായിടത്തും സമം പശ്യൻ സമത്തിനെ കാണുന്നു ഈശ്വരം പശ്യതി ഈശ്വരനെ കാണുന്നു അതുകൊണ്ട് എന്താ കാണുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നില്ല നമ്മൾ കാണുമ്പോ വേദം കാണുന്നത് കാണുന്നവൻ തന്നെ ദ്രോഹിക്കുന്നുണ്ട് ഇഷ്ടമുള്ളത് കാണുമ്പോ ആനന്ദം ഇഷ്ടമില്ലാത്തത് കാണുമ്പോ ദ്വേഷം ീ ദ്വൈത ദർശനം ദ്വന്ദ്വദർശനമാണ് ദ്രോഹം തുള്ളിലുള്ള ആത്മാവിന് ചെയ്യുന്ന ദ്രോഹം ഡിസ്റ്റർബൻസ് ആണ് അവിടെ ശാന്തി ഉണ്ടാവണില്ല നിരയെ മറിച്ച് സമം കണ്ട് ശീലിക്കുംതോറും അകമേക്കുള്ള സമത്വം ചലിക്കാതാവുമ്പോ ന ആത്മനാ ആത്മാനം തന്നെ തന്നെ ഹിംസിക്കുന്നില്ല അങ്ങനെ ഉള്ള ദർശനം കൊണ്ട് പരാഗതി പരമമായ ഗെ പ്രാവിക്താണ് ത്വ്യർപ്പനസം പശ്യൻ സർ തവാത്തിതയാതത്തീ സജയത്യു സുഖേസ്വരുവേ ഗാഠം ആപ്ലു यो मुक्तो ജയതി ഉത്കർഷേണ വർത്ത സോയം സിദ്ധ പുരുഷവന്നേവോ ജയതിയമാനുഷന് പരമ സാഫല്യം ലഭ്യ മനഃ സമ്പൂർണ്ണ പരമാത്മനി സമർപ്പത തദനന്യ വിലസതിക്ഷു പരമാത്മാനം അഖണ്ഡസ്വരുപം പശ്യത്തി അപരോക്ഷം ആത്മാനം ആത്മാരാമോ ഭജന് അഖണ്ഡാനന്ദസ്വേ നിമഗ്നോ വിജയത്തെ വ്യക്തം പഞ്ചവക്ഭരത്നകൃത് ഭൂമിമണ്ഡലീമംഗളായമണദേശിമവത വിഭു വിജയത്തെതരാം വിജയത്തെ തരാ ആർഷീ രമണവാഗേശ ശ്രുതിർതിർ വേഷാന്തരസ്ഥിതാം സ്തുതിർ വേദശിരോഭൂഷാമുക്ഷൂണാം മുദാവണത് ആർഷീരമണവാഗേഷ ആർഷം എന്ന് വെച്ചാൽ ഋഷിയിൽ നിന്നുണ്ടായത് എന്നർത്ഥം ആർഷിരമണവാഗേഷ ശ്രുതിർവേഷരസ്ഥിത ഉപനിഷത്ത് ശ്രുതി മറ്റൊരു വേഷത്തിൽ ഉപനിഷത്ത് മറ്റൊരു വന്നതാണ് ശ്രുതിർ ഉപനിഷത്ത് എന്ന് വച്ചാൽ എന്നെങ്കിലുമൊക്കെ പൂർണ്ണജ്ഞാനം നേടിയ ഋഷികളുടെ വചനവും ഉണ്ടെങ്കിൽ അതൊക്കെ ഉപനിഷത്താണ് ശ്രുതിർ വേഷാന്തര സ്ഥിതർ വേദശിരോഭൂഷ ഈ സ്തുതി എന്താണ് വേദശിരസ് വേദശിരസ് എന്ന് വെച്ചാൽ ഉപനിഷത്ത് എന്നാണ് അർത്ഥം വേദശിരസ് ഉപനിഷത്താണ് വേദശിരസ്സായ ഉപനിഷത്തുകൾക്ക് തന്നെ ചൂടാമണിയായ അലങ്കാരമായി തീർന്നിട്ടുള്ളതാണ് മുമുക്ഷൂണ മുദാവേച്ഛുക്കൾക്ക് അങ്ങനെ അരുണാചല പഞ്ചരത്നം എന്ന ഈ കൃതി ത്വ്യർപ്പനസ പശ്യൻ സർവവായാ സതകം ഭജത്തെ അനന്യീയാജയത്രുണാചലത്യസുഖേ മഗ്ന ശ്രീമദ്രമണമഹർഷേ ദർശനമ ഭഗവാന്റെ ദർശനമായിട്ടുള്ള ഈ അരുണാചല പഞ്ചരത്നം എന്നുള്ളത് ആര്യാഗീതി വൃത്തത്തിൽ വേദത്തിലുള്ള സൂക്തങ്ങൾ എന്ന വണ്ണം ഉപനിഷത് മന്ത്രങ്ങൾ എന്ന പോലെ തന്നെ ഭഗവാന്റെ ദർശനമാണ് മന്ത്രദ്രഷ്ടാവാണ് വിഷയം അങ്ങനെയുള്ള നമ്മുടെ ഭഗവാന്റെ ദർശനമാണ് ഈ അരുണാചല പഞ്ചരത്നം എന്നത് ഈ അരുണാചല പഞ്ചരത്നത്തിന് ഇവിടെ യജ്ഞപ്രസാദമായിട്ട് ഇന്ന് വൈകുന്നേരം കൊടുക്കും അത് ഋതിസ്ഥമാക്കാം ഈ വൃത്തം ആര്യാഗീതി വൃത്തമാണ് ഭഗവാന് കാവ്യകണ്ഠ ഗണപതി മുനി ഒരിക്കൽ പറഞ്ഞു ഭഗവാൻ സംസ്കൃതത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതി തരണം ശ്ലോകം ഭഗവാൻ പറഞ്ഞു എനിക്ക് സംസ്കൃത ശ്ലോകമെഴുതാനുള്ള സംസ്കൃതമൊന്നും പറ്റി അറിയില്ല അതിന്റെ വൃത്തശാസ്ത്രം ഒന്നും അറിയില്ല ഈ ആര്യാഗീതി വൃത്തത്തിന് അതിന്റെ വൃത്ത ശാസ്ത്രം പറഞ്ഞു അത് ഗ്രഹിച്ച് കുറച്ചു ഈ അഞ്ച് പദ്യങ്ങള് ആര്യാഗീതി വൃത്തത്തിൽ ഭഗവാൻ രചിച്ച് കാവ്യകണ്ഠന്റെ കയ്യില് കൊടുത്തു അതാണ് ഈ പഞ്ചരത്നം രണ്ട് കൃതികളാണ് മുഖ്യമായ സംസ്കൃതത്തിൽ അരുണാചല പഞ്ചരത്നവും ഉപദേശസാരവും പിന്നെ മുക്തകങ്ങൾ പോലെ ചിലതൊക്കെ ഉണ്ട് ഒറ്റ ശ്ലോകങ്ങളായിട്ട് ബാക്കിയൊക്കെ തമിഴിലാണ് കൃതികൾ ഈ അരുണാചല പഞ്ചരത്നം തമിഴും വിവർത്തനമുണ്ട് അങ്ങനെയാണ് ഈ അരുണാചല പഞ്ചരത്നം എന്ന ഉപനിഷത്ത് ഇവിടെ സമാപിക്കുന്നു വൈകുന്നേരം വീണ്ടും ഭഗവത്ഗീത യജ്ഞത്തിൽ കാണാം അരുണാ ചല ശിവ അരുണാ ചല ശിവ അരുണാ ചല ശിവ അരുണാചലാം അരുണാ ശിവ അരുണാ ശിവ അരുണാചല ശിവ അരുണാചലാം േടി അരുൾ അരുണാചല തൊട്ടരുൾ ഇപ്പൊ പിടവായ അരുണാചലാം തൂ മനമൊഴിയ തോയ ഉന്മയകം തോ അരുളാച ൈ സാരെ ശേര ഒഴിത്തായകം തീർത്തരുൾ അരുണാചലാം തൊട്ട് മെയ്യകാടയൊ അരുൾ അരുണാചലാം ോട്ടുൾ കൈമേ കട്ടിലി അനഷ്ടമാവേ അരുൾ അരുണാചലാം തോടമിനീ അകത്തോടു ായൊണ്ടി ഉണ്ടരുണാചലാ നെറിയറിത്താക്കി നിന്നരുൾ മഴൈപൊഴി അരുണാചലാം നീ നര പുലിനി തലി മയമാ ചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ മമാത്മാവേ ത്വമോ വാച്യം മിചിസ്തി യം കൂരുമാധൈവ ം ആത്മനം